യുദ്ധമുതലുകളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക യുദ്ധമുതലുകൾ അല്ലാഹു സുബഹാനഹുവ തകാലാവിനും റസൂലിനുമുള്ളതാണ് അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും നിങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങൾ ശരിയാക്കുകയും ചെയ്യുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക